കുറ്റവാളികൾ തങ്ങളുടെ രക്ഷിതാവിന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നത് നീ കണ്ടിരുന്നെങ്കിൽ അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ കണ്ടു ഞങ്ങൾ കേട്ടു അതിനാൽ ഞങ്ങളെ തിരിച്ചയച്ചാലും ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാം തീർച്ചയായും ഞങ്ങളിപ്പോൾ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നു